അതാത് ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറയുന്നിടത്ത് ആദ്യ ശബ്ദത്തിന് ആരംഭം എന്നുള്ള അർത്ഥം കൊടുത്തുകഴിഞ്ഞാൽ അത് ഏതിനോടാണ് അന്വയിക്കുന്നാണെ ചർച്ച ചെയ്യുന്നത് അപ്പോ ജിജ്ഞാസയോടുകൂടി തന്നെ അത് അന്വേഷിക്കേണ്ട ഒരു കാരണം അതാണ് പ്രധാനം ജാത മിച്ഛ ജിജ്ഞാസ എന്ന് വെച്ചാൽ ബ്രഹ്മജിജ്ഞാസ ബ്രഹ്മത്തെ അറിയുന്നതിനുള്ള ഇച്ഛ ഇച്ഛ എന്ന് പറയുന്നതാണ് പ്രധാനം വിശേഷം ബ്രഹ്മത്തെ അറിയുന്നതിനെന്ന് പറയുമ്പോൾ ബ്രഹ്മവിജ്ഞാനവും അത് അപ്രധാനമാണ് വിശേഷണമാണ് പാദശബ്ദത്തെ ബ്രഹ്മത്തോടും ജ്ഞാനത്തോടും അന്വയിക്കാൻ പറ്റില്ല ഇച്ഛയോടെ അന്വയിക്കാൻ പറ്റും പക്ഷെ രംഭിക്കുന്നുെന്ന് പറയാൻ പറ്റില്ല ഇനി വരുന്ന ഭാഗങ്ങളിലൊന്നും ഇച്ഛയല്ല ചർച്ച ചെയ്യുന്നു അതുകൊണ്ട് ഇച്ച ആരംഭിക്കുന്നു എന്ന് പറയാനും പറ്റില്ല പിന്നെ ബ്രഹ്മ എന്ന് പറയുന്നത് ജിജ്ഞാസ എന്ന് പറയുന്നത് പ്രധാനമായതുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങളാസൂചിപ്പിക്കുന്നുണ്ട് സംശയവും പ്രയോജനവും അപ്പോൾ ബ്രഹ്മത്തെക്കുറിച്ചുള്ള വിചാരത്തിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ ഇത് രണ്ടും ആവശ്യമാണ് സംശയവും അപ്പൊ ജിജ്ഞാസക്ക് പ്രാധാന്യം കൊടുക്കണം എന്നാല് അതിലൂടെ സംശയം പ്രയോജനവും പറയുന്ന രണ്ടർത്ഥം കിട്ടത്തുള്ളു അങ്ങനെ വന്നുകഴിഞ്ഞാല് ബ്രഹ്മവിചാരത്തിൽ ആൾക്കാർ പ്രവർത്തിക്കത്തുള്ളു സംശയവും പ്രയോജനവും നടത്തേക്കും അതുകൊണ്ട് ആരംഭാർത്ഥം എടുത്തു കഴിഞ്ഞാൽ ബ്രഹ്മ ജ്ഞാനം ഇതിനോടൊന്നും അവൻ അന്വയിക്കാൻ പറ്റത്തില്ല കാരണം അത് അപ്രധാനമായതുകൊണ്ട് പിന്നെ ജിജ്ഞാസ എന്ന് വെച്ചാൽ ഇച്ഛയാണ് ആദ്യം ഇച്ഛ അതിനോടും അന്വയിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ആരംഭാർത്ഥം ശരിയില്ലെന്നാണ് പിന്നെ സംശയത്തെയും പ്രയോജനത്തെയും സൂചിപ്പിക്കുന്നതിന് വേണ്ടി ജിജ്ഞാസ അതിന്റെ അതാണ് ഇവിടെ പ്രധാനമായി പറയുന്നത് ജിജ്ഞാസയെ മുഖ്യമായിട്ട് എടുക്കുന്നു അതിന് മുഖ്യമായി എടുത്തില്ലെങ്കിൽ അതിൽ നിന്ന് സംശയവും പ്രയോനോ സൂചിപ്പിക്കത്തില്ല അപ്പൊ ഇത് ആ രീതിയിൽ പ്രവർത്തിക്കത്തില്ല വിചാരത്തിൽ ആരും പ്രവർത്തിക്കില്ല എന്നർത്ഥം എന്തുകൊണ്ട് ജിജ്ഞാസയുണ്ടെങ്കിൽ മാത്രമേ ബ്രഹ്മവിചാരത്തിൽ പ്രവർത്തിക്കത്തുള്ളൂ അത് അതിന് വിചാരത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ അവിടെ സംശയവും വേണം പ്രയോജനവും വേണം എന്നാർത്ഥം പിന്നെ ഉപനിഷത്ത് പ്രമാണമായിരിക്കുന്നത് കർത്തൃത്വ ഭോക്തൃത്വവാദികളോട് കൂടി അഹം പ്രത്യേകത്തിനല്ല എന്നുവെച്ചാൽ അതിനെല്ലാം അത് മറ്റുപനിഷത്വ പ്രമാണമായിരിക്കുന്നത് അതിനെ നിഷേധിച്ചുകൊണ്ട് അഹംപ്രത്യം അധ്യാസം ഒന്ന് ബോധിപ്പിക്കുന്ന കാര്യത്തിലാണ് അപ്പോ എന്ന് അങ്ങനെ ബോധിപ്പിക്കുന്നൊണ്ട് ഈ വിചാരം കൊണ്ട് പ്രയോജനമുണ്ട് അഹം പ്രത്യയത്തിനെ അധ്യാസമാണെന്നും ബോധിപ്പിക്കുന്നു അതുകൊണ്ട് വിചാരം കൊണ്ട് പ്രയോജനമുണ്ട് ജ്ഞാനം മോക്ഷം ഇങ്ങനെയുള്ള പ്രയോജനങ്ങളുണ്ട് വേദാന്തത്തെ അങ്ങനെ സ്വീകരിച്ചില്ലെങ്കിൽ പ്രയോജനമുള്ളതായി അത് കർത്തൃത്വ ഭോക്തൃത്വരഹിതമായ ഒരു ആത്മാവിനെ അത് പിന്നെ ഇത് പ്രമാണമായതുകൊണ്ട് ഉപനിഷത്തിന് ഗൗണമായ അർത്ഥമായിട്ട് സ്വീകരിക്കേണ്ടി വരും കർമ്മത്തിനുപയോഗമുള്ള ഗുണം അർത്ഥമായിട്ടുണ്ടെങ്കിൽ ജപത്തിനുപയോഗികയായിട്ടൊക്കെ സ്വീകരിക്കേണ്ടി വരും കാരണം അത് പുറകേണ്ട പോലെ തന്നെ പ്രമാണം ഉള്ളതാണ് ഉത്തരവേണ്ടത് അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പ്രയോജനം വേണം അത് ജപിക്കാൻ എന്ന് സ്വീകരിക്കാം അല്ലെങ്കിൽ ലോണാർത്ഥം എന്നൊക്കെ സ്വീകരിക്കാം അതുകൊണ്ടിവിടെ ജിജ്ഞാസ എന്ന് പറയുന്നതിനാണ് പ്രാധാന്യം സംശയത്തെയും പ്രയോജനത്തെയും സൂചിപ്പിക്കുന്നു സംശയം പ്രയോജനമുള്ളതുകൊണ്ട് വിചാരം നടക്കുന്നു വിചാരം നടക്കുമ്പോൾ എന്തായിരുന്നു ബ്രഹ്മജ്ഞാനം ഒരാൾക്കുണ്ടാകും അങ്ങനെ സ്വീകരിക്കേണ്ടി അതുകൊണ്ട് തസ്മാ പ്രയോജന സൂചന ജിജ്ഞാസ ഇഹപദോ വാക്യദശ വിപക്ഷത അതുകൊണ്ട് അതാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്ന ഈ സൂത്രത്തിൽ അതിന്റെ പദങ്ങൾ വച്ച് ചിന്തിച്ചാലും ശരി അതിനൊരു വാക്യമായിട്ടെടുത്ത് ചിന്തിച്ചാലും ശരി പ്രധാനം ജിജ്ഞാസക്കാണ് ആ ജിജ്ഞാസ സന്ദേഹത്തെയും പ്രയോജനത്തെയും സൂചിപ്പിക്കുന്നുണ്ട് സന്ദേഹമുള്ളതുകൊണ്ട് ബ്രഹ്മത്തെ കുറിച്ചും ആ ജ്ഞാനത്തെ കുറിച്ച് സന്ദേഹം ഉള്ളതുകൊണ്ട് ആൾക്കാർ സംശയമുള്ളതുകൊണ്ട് വിചാരം നടത്തും വിചാരം നടത്തുമ്പോൾ അവിടെ പ്രയോജനം ഉണ്ടാകുന്നു ജ്ഞാനം അതുകൊണ്ട് പ്രധാനം ജിജ്ഞാസായതുകൊണ്ട് അത് ശബ്ദത്തെ ജിജ്ഞാസയോട് അന്വയിക്കും ആരംഭാർത്ഥമാണെങ്കിൽ ജിജ്ഞാസയോട് അന്വയിക്കാൻ പറ്റത്തില്ല കാരണം ജിജ്ഞാസ അല്ല ഇവിടെ ആരംഭിക്കുന്നത് എന്നാണീ പറയുന്നതിന്റെ ചുരുക്കം അതശബ്ദത്തിന് ആരംഭിക്കുന്നു എന്നൊരു അർത്ഥം എടുക്കാൻ പറ്റൂ എടുത്തുകഴിഞ്ഞാൽ എന്താരംഭിക്കുന്നു ജിജ്ഞാസ ഇച്ഛ ആരംഭിക്കുന്നു അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല ആണു പറയുന്നത് തസ്മാ അതുകൊണ്ട് സന്ദേഹ പ്രയോജന സൂചനവധി ജിജ്ഞാസ സൂചനീ ജിജ്ഞാസ സന്ദേഹത്തെയും പ്രയോജനത്തെയും സൂചിപ്പിക്കുന്ന ജിജ്ഞാസ അതാതോ ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറയുന്ന അത് പദതോ വാക്യതസ് ഒരു പദമായിട്ടെടുത്ത് നോക്കിയാലും വാക്യം എന്നുള്ള രീതി നോക്കിയാലും അത് പ്രധാനം വിവക്ഷതവ്യ അതാണ് പ്രധാനം ഈ ഇതിന് അതാതോ ജിജ്ഞാസ എന്നുള്ളത് എന്നുവച്ചാ തസ്യ അധികാരിത്വം അതുകൊണ്ട് അത് ആരംഭിക്കാൻ കഴിയത്തില്ല അതിന് നമുക്ക് പല കാരണങ്ങളും പറഞ്ഞു എന്തുകൊണ്ട് ഇച്ഛാരംഭിച്ചുകൂടാന്നു പറയും അപ്പോൾ അത് ശബ്ദത്തിന്റെ അർത്ഥം ആരംഭിക്കുക എന്നുള്ളതാണെങ്കിൽ അത് ജിജ്ഞാസയോട് അന്വയിച്ച് ഇച്ഛ ആരംഭിക്കുന്നു എന്ന് പറയും അത് ശരിയല്ല എന്നർത്ഥം എന്തുകൊണ്ട് അപ്രസ്തൂയമാനത്വ തുടർന്നു വരുന്ന ഓരോ അധികരണങ്ങളിലും അത് ചർച്ച ചെയ്യാത്തതുണ്ട് പ്രസ്തൂയമാനം എന്നി ആരംഭിച്ച് മുന്നോട്ട് പോവുക അപ്രസ്തൂയമാണെന്ന് വെച്ചാൽ അങ്ങനെ ആരംഭിച്ചു മുന്നോട്ട് പോകുന്നില്ല എന്ത് ഇച്ഛ ഇവിടം പോലെ ആരംഭിച്ചു മുന്നോട്ട് പോകുന്ന വിചാരമാണ് ഇച്ഛ ആരംഭിച്ചിട്ട് മുമ്പോട്ട് പോകാത്തത് കൊണ്ട് ഓരോ അധികരണങ്ങളിലും ഇച്ഛയെ കുറിച്ച് ചർച്ച ചെയ്യാത്തോണ്ട് ഇച്ഛ അധ ആരംഭിക്കുന്നു അധ ആരംഭിക്കുന്നു എന്ത് ഇച്ഛ അങ്ങനെ അർത്ഥം പറയാൻ പറ്റില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടെ ഇച്ച ആരംഭിച്ച് മുമ്പ് വരുന്ന ഇനി വരുന്ന അധികരണങ്ങളിൽ ഇച്ച ചർച്ച ചെയ്തിരുന്നുവെങ്കിൽ അതാന്ന് പറഞ്ഞാൽ ആരംഭിക്കുന്നു എന്ത് ഇച്ഛ എന്ന അർത്ഥം കൊടുക്കുന്നു ഇപ്പൊ ഇവിടെ ഈ സൂത്രത്തിൽ ആദ്യത്തെ വിശേഷിച്ചു ആദ്യത്തെ സൂത്രമാണ് ഓരോ പദത്തിന്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ് അർത്ഥം ആനന്തരമാണ് അനന്തരം എന്ന് ആരംഭിക്കുന്നു എന്നെടുക്കാൻ പാടില്ല എന്നുള്ള കാര്യത്തിന് വേണ്ടിയാണ് ഈ ചർച്ച താഹൃതോ അത ശബ്ദോ അധികാരാർത്ഥ്യ ഇവിടെ ഇച്ച ആരംഭിച്ച് മുന്നോട്ട് പോയിരുന്നെങ്കിൽ തുടർന്നുള്ള അധികാരങ്ങളെല്ലാം ഇച്ച ചർച്ച ചെയ്തുവെങ്കിൽ ഏന അങ്ങനെ ആയിരുന്നെങ്കിൽ തത് സമവ്യാഹൃതോ അത ശബ്ദമോ ആ ജിജ്ഞാസയോടൊപ്പം ഉച്ചരിക്കുക സമവ്യാഹൃതം ഒരുമിച്ച ഉച്ചരിക്കുക ജിജ്ഞാസയോടൊപ്പം ഉച്ച ഉച്ചരിച്ചിരിക്കുന്ന അധശബ്ദം അധികാരാർത്ഥം അധികാരാർത്ഥമായേനെ അല്ല നിർത്തം അപ്പൊ അധശബ്ദത്തിൻ്റെ അടുത്ത് ആരംഭിക്കുക എന്നുള്ളത് അല്ല എന്തായി ജിജ്ഞാസ വിശേഷണം ബ്രഹ്മജ്ഞാനം അധികാരിഭവേ അത് വേണമെങ്കിൽ എടുക്കാൻ എന്താണ് ജിജ്ഞാസ ജ്ഞാതം ഇച്ഛ അറിയുന്നതിനുള്ള ആഗ്രഹം എന്തിനെ അറിയുന്നതിനും ബ്രഹ്മത്തെ റിയുന്ന ആഗ്രഹം അപ്പം ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവ് ഇവിടെ പോലെ ആരംഭിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അങ്ങനെ വന്നാലും അതും അറിവെന്ന് പറയുന്നതും അധശബ്ദത്തോടെ അന്വയിക്കത്തില്ല കാരണം അത് അപ്രധാനമാണ് അധശ് അധശ്ദത്തിന്റെ അർത്ഥത്തോട് പ്രധാനമായതേ അന്വയിക്കുക അപ്രധാനമായത് അന്വയിക്കില്ല അത് നേരത്തെ പറഞ്ഞു ബ്രഹ്മവും അതിന്റെ ജ്ഞാനവും ജിജ്ഞാസ എന്ന് പറയുന്നിടത്ത് അർത്ഥം കൊണ്ട് അപ്രധാനമാണ് കാരണം ബ്രഹ്മത്തെ അറിയുന്ന ഇച്ഛ എന്ന് പറയുമ്പോൾ ഇച്ഛയാണ് വിശേഷമാണ് പ്രധാനം ബ്രഹ്മവും ജ്ഞാനവും വിശേഷമാണ് അത് അപ്രധാനമാണ് പാദശബ്ദത്തിന്റെ അർത്ഥം എന്തിനോട് അന്വയിക്കും പ്രധാനത്തോടെ അന്വയിക്കും പ്രധാനം ഏതാണ് ഇച്ഛതിനോട് അന്വയിക്കില്ല ാണ് പറയുന്നത് ജിജ്ഞാസ വിശേഷണതുമായിരുന്ന ബ്രഹ്മജ്ഞാന വിശേഷണുമായിട്ട് വരുന്ന അധികാരി ഭവയെ വേണമെങ്കിൽ ആരംഭിക്കുന്നു എന്ന് പറയാം പക്ഷേ എന്നുവെച്ചാ തതപ്പി അധശ്ദേന സമ്പത്ത് അല്ലേ പക്ഷെ അതും അധശബ്ദവുമായിട്ട് ബ്രഹ്മജ്ഞാനം എന്തുകൊണ്ട് പ്രാധാന്യ ഭാവാ അതിലൂടെ പ്രാധാന്യമില്ല അതാതോ ബ്രഹ്മജിജ്ഞാസന്ന് പറയുന്നിടത്ത് പ്രാധാന്യമില്ല എന്തുകൊണ്ട് ഇച്ഛയാണ് ഇച്ഛയുടെ വിശേഷമാണ് വിശേഷണ പ്രധാനമാണ് അതുകൊണ്ട് ബ്രഹ്മജ്ഞാനം ആരംഭിക്കുന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ വരുന്നത് വിചാരമാണ് അപ്പൊ സന്ദേഹവും പ്രയോജനവും ഇത് സൂചിപ്പിക്കുന്നുണ്ടോ സൂചിപ്പിക്കുന്നുണ്ട് എന്തെയ്യുന്നു ഒരാള് സന്ദേഹമുള്ള ഒരാള് ജ്ഞാനത്തിന് വേണ്ടി വിചാരത്തിലേർപ്പെടും അങ്ങനെ സംഭവിക്കാം ജിജ്ഞാസ മീമാംസ പിന്നെ ഇവിടെ പന്നല്ലോ അതാ ജിജ്ഞാസ ഈ ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ മീമാംസ അല്ല എന്നുവച്ച വിചാരം അല്ല ജിജ്ഞാസന്ന് വെച്ച ജ്ഞാതിച്ഛയാണ് അത് മീമാംസ അല്ല മീമാസ എന്ന് വെച്ചാ വിചാരം ജ്ഞാതിച്ഛ എന്ന് പറയുന്ന ഇച്ഛയാണ് അറിയുന്ന ആഗ്രഹം അതുവരെ മീമാംസ വിചാരമേറെ രണ്ടൊന്നല്ല അതിന് ഇവിടെ അതിന്റെ വ്യാകരണം പറയുന്നു എങ്ങനെയാണ് മീമാംസ എന്ന് പദം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതായിരുന്നു നടക്കുന്നത് മാു രണ്ട് ധാറുക്കളുണ്ട് അതിൽ നിന്നാണ് മീമാംസ ശബ്ദം ഉണ്ടാവുന്നത് അതിൽ നിന്ന് സന്ന് പ്രത്യേകം വരുമ്പം സണ് പ്രത്യേകം വരുമ്പോൾ മാൻ ദുർഗ്യാസം മീ ദീർഘം വന്ന് മീമാംസാറിന വരുന്നത് ധാദവോ കർമ്മണോ സമാന വർത്തക ഇച്ഛാർത്ഥത്തിലാണ് പക്ഷെ ഇവിടെ സന്നു വരുന്നത് അതിന് മുമ്പ് സണ്ണു വരുന്നത് ഇച്ഛാർത്ഥത്തിലല്ല അതുകൊണ്ട് മീമാംസികിത്സ ഇവിടെയൊന്നും ഇച്ഛാർത്ഥമില്ല ഇച്ഛാർത്ഥമില്ല മീമാംസ മാനേർ വിചാരുന്നു വാർത്തകുണ്ട് പക്ഷെ സിദ്ധാന്ത ഒരു വാർത്തകൾ കൊണ്ടെത്തിക്കുന്നു മാനേർ ജിജ്ഞാസായ അങ്ങനെ ഒരു ഇതുണ്ട് പക്ഷെ അതിവിടെ അംഗീകരിക്കുന്നില്ല മാനേർ ജിജ്ഞാസായെന്ന് വാർത്തക അനുസരിച്ചാണെങ്കിൽ മീമാംസ ജിജ്ഞാസ അർത്ഥത്തിൽ വരും സിദ്ധാന്തീ പറഞ്ഞിരിക്കുന്ന പക്ഷെ അവിടെ തന്നെ വ്യക്ത പറയുന്നുണ്ട് ജിജ്ഞാസ മാനേർ വിചാര ശരിക്കും ജിജ്ഞാസന്ന് വെച്ചാൽ വിചാരവും നടത്തണം ഇപ്പൊ മീമാംസെന്നു പറഞ്ഞാൽ വിചാരമെന്നേ ഉള്ളൂ അർത്ഥം പക്ഷെ അങ്ങനെ ഒരു വാർത്തകമുണ്ട് അതുകൊണ്ടാണ് ഇവിടെ അതിനെ കുറിച്ച് പ്രത്യേകം ചർച്ച ചെയ്യുന്നത് മീമാംസ എന്ന് പറഞ്ഞാൽ ജിജ്ഞാസയല്ല വ്യാകരണം കൂടെ പറയുന്നു ിജ്ഞാസമീമാംസയേന യോഗാനുശാസനം അധികോഗാനുശാസനം അധ ശബ്ദാനുശാസനം ആരംഭിക്കുന്നു യോഗ ശബ്ദാനുശാസനം അപ്പോ അവിടെ ശാസ്ത്രം ആരംഭിക്കുന്നു ശാസ്ത്രം ചിചാരമാണ് അങ്ങനെ അവിടെ അർത്ഥം പറയുന്നുണ്ട് അപ്പൊ ജിജ്ഞാസക്ക് മീമാംസ വിചാരം എന്നർത്ഥം കൊടുക്കുകയാണെങ്കിൽ യോഗാനുശാസനം ആരംഭിക്കുന്നു അധ യോഗാനുശാസനം എന്ന് വെച്ചാൽ യോഗാനുശാസനം യോഗ വിചാരം ആരംഭിക്കുന്നു എന്നർത്ഥം പറയാം അതുപോലെ അതാദോ ബ്രഹ്മ ജിജ്ഞാസ ജിജ്ഞാസക്ക് മീമാംസ എന്നർത്ഥം പറയുകയാണെങ്കിൽ വിചാരം ആരംഭിക്കുന്നു പറയാ അതാ ആരംഭിക്കുന്നു എന്താ ബ്രഹ്മ വിചാരം പക്ഷെ ജിജ്ഞാസക്ക് വിചാരം എന്ന് പറയുന്നൊരർത്ഥം ഇല്ല അങ്ങനെ പറയാൻ കാരണം ഇതാണ് മാനേർ ജിജ്ഞാസായെന്നൊരു അനുസരിച്ച് ജിജ്ഞാസ ശബ്ദത്തിന് വിചാരം എന്നർത്ഥവും വരാം പക്ഷെ അതിനിടെ അത് അവിടെ മാനേർ വിചാരം പറയുന്ന വാർത്ത അനുസരിച്ച് വിചാരാർത്ഥമാണ് ാണ് ഈ പറയുന്നത് പറയുന്നത് അത് വ്യാകരണത്തിൽ വരുന്ന പ്രശ്നമാണ് അത് ശബ്ദാനുശാസനം എന്ന് വെച്ചാൽ ശബ്ദവിചാരം അനുശാസനം അനുശിഷ്യത അനേരീതി അനുശാസനം ശാസ്ത്രം അനുശിക്ഷ്യത ശിക്ഷിഭ്യ അനേനീതി അനുശാസന ശാസ്ത്രം ശാസ്ത്രം എന്ന് വെച്ചാൽ ശാസ്ത്രം എന്ന് വെച്ചാൽ വിചാരമാണ് വിചാരം ആരംഭിക്കുന്നു അവിടെ പറയുന്നു പക്ഷെ അതുപോലെ ഇവിടെ ജിജ്ഞാസ എന്ന് പറഞ്ഞ വിചാരമെന്നർത്ഥം ഇല്ല അവിടെ അനുശാസ്ത്രത്തിന് വിചാരമെന്നർത്ഥമുണ്ട് അതുകൊണ്ടാണ് ഇവിടെ യോഗ വിചാരം ആരംഭിക്കുന്നർത്ഥം പറയാം ഇവിടെ അങ്ങനെ ഒരർത്ഥം ഇല്ല അതാണ് ജിജ്ഞാസ എന്ന് വെച്ചാൽ ജിജ്ഞാസ മീമാംസ ജിജ്ഞാസക്ക് മീമാംസ വിചാരമെന്ന് പറയുന്നൊരർത്ഥം ണ്ടായിരുന്നെങ്കിൽ യോഗാനുസ അനുശാസനോ അതിക്രിയേത യോഗാനുശാസനം പോലെ ഇവിടെയും ആരംഭിച്ചേനെ അതവിചാരം ആരംഭിക്കുന്നു അതാന്ന് വെച്ചാൽ ആരംഭിക്കുന്നു അർത്ഥം പറയാമായിരുന്നു ജിജ്ഞാസ് എങ്ങനെ ശ്രദ്ധിക്കുന്നു പറയുന്നു നാന്തത്വം നിപാത്യ മാങ് മാനേ ഇത്യസ്മാത് മാങ്ങ അതാണെങ്കിലും നകാര പോയ ശേഷിക്കുന്ന മായാണ് അല്ലെങ്കിൽ നകാരം നിപാതനം ചെയ്ത് മാനാക്കണം മാനാക്കി കഴിഞ്ഞിട്ട് അതിന്റെ പരിധി സന്നം കഴിഞ്ഞാൽ സന്യങ്ങൾ ദിത്തും വരും മാന് മാന് പൂർവഭ്യാസ പൂർവ്വത്തിൽ മാനഭ്യാസു വരും ഹലാതി ശേഷം വന്ന മാ വരും ഹർസ്വന്നു കഴിഞ്ഞാൽ ഹ്രസ്വം മകാരം വരും സന്യത പ്രകാരം മകാരത്തിന്റെ അകാരത്തിന് നികാരം ഇകാരം വന്നു കഴിഞ്ഞാൽ മാൻസ പ്രകാരം ഈ കാരം വരും അവതാന്തനുസ്വാരം മീ മാം സടത്ത് അപ്രത്യേക പ്രകാരം അകാരം വരും അന്തിമായിട്ട് വന്നുകഴിഞ്ഞാൽ അജാധ്യഷ്ടാപ്പ് വന്നിട്ട് മീ മാംസ എന്ന് വരും മാങ്ങനെയാ മീമാംസം അല്ലെങ്കിൽ മാനപൂജായാലും ഇതുപോലെ തന്നെ മാനപൂജായ വിചാരം മാനന്ന് സന്നു വരും സന്നെ ഹൃദ്യത്വം വരുന്നു മാനും മാനും കലാതിശേഷം നകാരം അഭ്യാസത്തിലോ പൂർവഭ്യാസ പൂർവ്വത്തിലും സന്യത പ്രകാരം പൂർവ്വത്തിലും പ്രകാരം ദീർഘം വന്ന് അനുസാരം വരുന്നു മീ മാം വന്നു ആദ്യാപു വന്നു മീ മാം രണ്ടായിരം വരെ മാങ്ങാണെങ്കിൽ അവിടെ ധാതുവിൽ നകാരം നിപാതനം ചെയ്യുന്നു അല്ല മാനപൂജയാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല അതാണ് ഇനി ധാതോഹോ മാൻ മത ഇത്യാദിനാ അനിച്ഛാർത്ഥേ ഇവിടെ ഇച്ഛാർത്ഥം വരുന്നില്ല അതിന് കാരണം ഇതിനു ശേഷമാണ് വരുന്നത് ധാതുഹോ കർമ്മ സമാന കർത്തായ്മ അഷ്ടാധ്യായക്രമത്തിൽ അപ്പൊ അവിടെ ഇച്ഛ വന്നുകൊണ്ട് അതിന് മുമ്പ് വരുന്ന സന്നിവിധിക്കുന്ന ഇച്ഛാർത്ഥം ഇല്ല അതുകൊണ്ട് ഇവിടെ ഇച്ഛാർത്ഥം ഇല്ല അപ്പൊ അത് മീമാംസാന്ന് വെച്ച അതാണ് വാർത്തകം വിചാരേ മാനധാതു സന്നി വന്നു കഴിഞ്ഞാൽ അത് വിചാരാർത്ഥത്തിൽ അനിച്ഛാ സനി വിത്പാദിസ്യ മീമാസ്യ സന്ന് പ്രത്യേകം വന്ന് ശ്രദ്ധിച്ചതായ മീമാംസ്യ പൂജിത വിചാരവചന പൂജിതമായ വിചാരം എന്നാണ് എന്റെ അർത്ഥം വിചാരവചന വിചാരം എന്നാണ് എന്റെ അർത്ഥം മീമാംസയ്ക്ക് ജിജ്ഞാസ എന്ന് വെച്ചാൽ മീമാംസ എന്ന് വെച്ചാൽ പൂജ്യ വിചാരം രണ്ടും ഒന്നല്ല രണ്ടും രണ്ടാണ് വ്യക്തമാണ് വാചകത്വ ജിജ്ഞാസ പദസ ജിജ്ഞാസയുടെ അർത്ഥം എന്താണ് അരവിന്ദഗ്രഹ് ജിജ്ഞാസ അതായത് വാചകമാണ് അറിയുന്നതിനുള്ള ഇച്ഛ എന്നുള്ള അർത്ഥമുള്ളതാണ് പ്രവൃത്തിന്ന് പറയുന്നത് പ്രവർത്തിപ്പിക്കുന്നതാണ് ജിജ്ഞാസ ഉള്ളത് കൊണ്ട് ഒരാള് വിചാരത്തിൽ പ്രവർത്തിക്കുന്നു അറിയുന്നതിനുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഒരാള് മീമാംസ എന്ന് വെച്ചാൽ വിചാരത്തിൽ പ്രവർത്തിക്കുന്നു അപ്പൊ പ്രവർത്തിപ്പിക്കുന്നത് എന്തായി ജിജ്ഞാസ അറിയുന്ന ആഗ്രഹമാണ് എന്ത് ജിജ്ഞാസ ജിജ്ഞാസ കൊണ്ട് എന്ത് ചെയ്യുന്നു ഒരാൾ വിചാരത്തിൽ പ്രവർത്തിക്കുന്നു അപ്പൊ പ്രവർത്തിക്ക അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കുന്നതെന്താണോ ജിജ്ഞാസ പ്രവർത്തിയം എന്തിൽ പ്രവർത്തിക്കുന്നു വിചാരത്തിൽ അപ്പൊ പ്രവർത്തിയം എന്തിലാണോ പ്രവർത്തിക്കുന്നത് അതായും ഈ മാംസ അല്ലെങ്കിൽ അപ്പൊ ഇത് രണ്ടു തമ്മിൽ ഇതാണ് ബന്ധം ഒന്ന് പ്രവർത്തിപ്പിക്കുന്നതാണ് മറ്റൊന്ന് എന്തിലാണോ പ്രവർത്തിക്കുന്ന അതായി അപ്പൊ ജിജ്ഞാസ പ്രവർത്തിപ്പിക്കുന്നു എന്തിൽ പ്രവർത്തിപ്പിക്കുന്നു ജിജ്ഞാസ മീമാംസയിൽ പ്രവർത്തിപ്പിക്കുന്നു മീമാംസെന്നുവെച്ച വിചാരം ഇപ്പൊ വിചാരം എന്ന് പറയുന്നത് പ്രവർത്തിയം ആയി ഏതിലാണോ പ്രവർത്തിക്കുന്ന അതാണ് എന്ത് പ്രവർത്തിയം ഇതാണ് രണ്ടു ബന്ധം രണ്ടും ഒന്നല്ല ചുരുക്കത്തിൽ എന്താണ് ഒരാള് ജിജ്ഞാസ കൊണ്ട് വിചാരം ചെയ്യുന്നു ഇച്ഛ കൊണ്ട് വിചാരം ചെയ്യുന്നു അപ്പൊ ഇച്ഛ എന്തായി പ്രവർത്തിക്ക വിചാരം എന്തായി പ്രവൃത്തി രണ്ടും ഉള്ളത് എന്തോ അതാണ് പ്രവർത്തിക്കാ ഹി മീമാംസായ ജിജ്ഞാസായ മീമാംസയിൽ പ്രവർത്തിക്ക പ്രവർത്തിപ്പിക്കുന്നതാണെന്ത് ജിജ്ഞാസ എന്നുവച്ചു വിചാരം ചെയ്യുന്ന പ്രവർത്തി പ്രവർത്തകയോ ഐക്യ പ്രവർത്തിചാരം പ്രവർത്തകം ആയി ജിജ്ഞാസ ഇത് രണ്ടും തമ്മിൽ ഐക്യം ഒന്നാകത്തില്ല ഇച്ഛയും വിചാരവും ഒന്നാകത്തില്ല അതാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറഞ്ഞാൽ ജിജ്ഞാസെന്ന് നോക്കട്ടുന്ന ഇച്ഛ അതുകൊണ്ടെന്താ ഇന്ന് വിചാരത്തിൽ പ്രവർത്തിക്കുകയാണ് ഇപ്പൊ രണ്ടും തമ്മില് രണ്ട് രണ്ടാണ് ഒന്ന് പ്രവർത്തിപ്പിക്കുന്നത് മറ്റൊന്ന് ഏതിലാണോ പ്രവർത്തിക്കുന്ന അത് രണ്ടും ഒന്നായാൽ തദ്ഭാവനൂപത്തെ പ്രവർത്തി പ്രവർത്തക ഭാവം പ്രവർത്തിപ്പിക്കുന്നത് ഏതിൽ പ്രവർത്തിക്കുന്നു അത് എന്നുള്ള ഈ ഇത് ഈ ഭാവം വരത്തില്ല രണ്ടുമൊന്നായി കഴിഞ്ഞ അടിക്കുന്നവനും അടികൊള്ളുന്നവനുമെന്ന് പറയുമ്പോൾ രണ്ടും ഒന്നാകത്തില്ല അടിക്കുന്നവൻ വേറെയാണ് അടികൊള്ളുന്നവൻ വേറെയാണ് ശിക്ഷിക്കുന്നവനും ശിക്ഷ അനുഭവിക്കുന്നവനും ഒന്നാകത്തില്ല അതുപോലെയാണ് ഇവിടെ ഈ പ്രവർത്തകം ഇച്ഛ പ്രവർത്തിയം വിചാർ ഇത് രണ്ടും ഒന്നാകത്തില്ല ഏകത്വം ഇത് രണ്ടും ഒന്നായി കഴിഞ്ഞാൽ തദ്ഭാവം പ്രവർത്തി പ്രവർത്തകത്വം അത് ശരിയാകത്തില്ല എന്നർത്ഥം പിന്നെ എന്നുവെച്ചാ സ്വാർത്ഥ പരത്വസ്യ ഉപപത്വവും ജിജ്ഞാസാ മീമാംസ ശബ്ദത്തിനും പ്രത്യേകം പ്രത്യേകം അർത്ഥമാണ് അപ്പൊ മീമാംസയ്ക്ക് സ്വന്തമായൊരർത്ഥമുണ്ട് എന്താണ് അതിന്റെ അർത്ഥം വിചാരം എന്താണ് സ്വാർത്ഥപരത്വ സത്വം മീമാംസ ശബ്ദത്തിന് സ്വന്തമായൊരർത്ഥമുണ്ട് അത് ഉള്ളപ്പോൾ സത്യം അന്യാർത്ഥപരത്വ കല്പന അതിന് ജിജ്ഞാസ എന്നൊരർത്ഥം കല്പിക്കുന്നത് നയുക്ത ശരിയല്ല അതിപ്രസംഗ അത് അതിപ്രസംഗം വരും എന്താണ് ഘടശബ്ദത്തിന്റെ അർത്ഥം ഗോ എന്നാർക്കെങ്കിലും കൽപ്പിക്കാൻ പറ്റും കടശബ്ദത്തിന്റെ അർത്ഥം കോശബ്ദത്തിന്റെ അർത്ഥമാകത്തില്ല മീമാംസ എന്ന് പറഞ്ഞാൽ വിചാരമെന്നർത്ഥമുണ്ട് അങ്ങനെ ഉള്ളപ്പോൾ അതിന് ജിജ്ഞാസ എന്നൊരർത്ഥം കല്പിക്കാൻ കഴിയില്ല അതാണ് അതിപ്രസംഗം ഒന്നിന്റെ അർത്ഥം വേറെ ഒന്നിനു കൽപ്പിച്ചാൽ അത് അതിപ്രസംഗമാകും അതെന്ന് പറഞ്ഞാൽ സ്വാർത്ഥപരത്യസ്യ മീമാംസ ശബ്ദത്തിന് സ്വന്തമായ അർത്ഥമുള്ളപ്പോൾ ഉപത്വവും അത് യുക്തമായിരിക്കെ സത്യം അങ്ങനെയിരിക്കെ അന്യാർത്ഥപരത്വ കല്പന ജിജ്ഞാസ വേറൊരു അർത്ഥം എന്താണ് യുക്ത ശരിയല്ല അതിപ്രസംഗ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഘടശബ്ദത്തിന് പടശബ്ദത്തിന്റെ അർത്ഥം കല്പിക്കേണ്ടി വരും തസ്മാസൂക്ഷുക്തം അതുകൊണ്ട് പറഞ്ഞെന്താണ് ചുരുക്കത്തിൽ പറഞ്ഞു വരുന്ന എന്താണ് ഇതുവരെ പറഞ്ഞിരിക്കുമെന്നാണ് അതശബ്ദത്തിന് ആരംഭിക്കുന്നു എന്നർത്ഥം എടുത്തു കഴിഞ്ഞാൽ ആരും ജിജ്ഞാസയുമായിട്ട് അന്വയിക്കേണ്ടി വരും അന്വയിച്ച ഇച്ഛ ആരംഭിക്കുന്നു വരും ഇച്ഛ ആരംഭിക്കാൻ പറ്റില്ല ഇവിടെ ഇച്ച ആരംഭിക്കുന്നില്ല ഇവിടെ ഇനി മുമ്പോട്ട് ഓരോ അധികാരണത്തിനും ഇച്ഛയല്ല എന്താണ് ഇച്ച ആരംഭിച്ച് ഇച്ച തുടർന്നു പോവുകയല്ല ഇനി എല്ലാ ഭാഗങ്ങളിലും എന്താ ചെയ്യുന്നത് വിചാരമാണ് മീമാംസയാണ് നടക്കുന്നത് അതുകൊണ്ട് അതശബ്ദത്തിന് ജിജ്ഞാസയോട് അന്വയിക്കാൻ കഴിയത്തില്ല അത് ശബ്ദത്തിന്റെ അർത്ഥത്തിന് ആരംഭമെന്ന് എടുക്കുകയാണെങ്കിൽ അത് ശബ്ദത്തിന് ആരംഭമെന്നുള്ള അർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ ജിജ്ഞാസയുമായിട്ട് അതിനയിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് അത് ശബ്ദത്തിന് ആരംഭമെന്ന് അർത്ഥം കൊടുക്കാൻ പാടില്ല കാരണം ജിജ്ഞാസയുടെ അർത്ഥം ഇച്ഛയാണ് ഇച്ഛ ആരംഭിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് പിന്നെ അത് കൊടുക്കണം അനന്തരം എന്ന അർത്ഥം കൊടുക്കണം ീതിക്ക് പറയാനാണ് ഇത്രയും ദാമതികാരൻ വിപുലമായി ചർച്ച ചെയ്ത് ഇതിന് ഇത്രേം മനസിലാക്കാനുള്ളൂ അതാദോ ബ്രഹ്മജി അത ശബ്ദത്തിന്റെ അർത്ഥം എന്താണ് അനന്തരം എന്തിനുശേഷം സമ്പത്തിയാണ് ഇത്രയും പറയുന്നതിനു വേണ്ടിട്ടാണ് പിന്നെ ഇത്രയും പറയുന്നത് ഭാഷയിൽ നിന്ന് ഇങ്ങനൊരർത്ഥം കിട്ടണം അതിനിടെ എന്താണ് സിദ്ധാന്തത്തിൽ വലിയ പ്രാധാന്യമുണ്ട് എന്തുകൊണ്ടാണ് ബ്രഹ്മത്തെ കുറിച്ചുള്ള വിചാരങ്ങൾ ചെയ്യണമെങ്കിൽ ആ ചെയ്യുന്നവന് യോഗ്യത ഉണ്ടായിരിക്കണം എന്താണ് സാധന ചവിഷ്ഠയ സമ്പന്നനായിരിക്കണം അങ്ങനെ യോഗ്യതയുള്ളവൻ വിചാരം ചെയ്താലേ എന്ത് സംഭവിക്കൂ ബ്രഹ്മജ്ഞാനം ഉണ്ടാകും ഈ കാര്യം വളരെ സിദ്ധാന്തത്തിൽ പ്രധാനപ്പെട്ടാണ് ആ ഒരു കാര്യം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും വിശദമായി ചർച്ച ചെയ്യുന്നത് ബ്രഹ്മ വിചാരം ചെയ്യണമോ അവനെങ്ങനെയുള്ളവനായിരിക്കണം ചതുഷ്ട സമ്പന്നനായിരിക്കും അങ്ങനെയുള്ളവൻ വിചാരം ചെയ്താലേ എന്ത് സംഭവിക്കൂ പ്രയോജനമുള്ളു ജ്ഞാനം ജ്ഞാനം ഉണ്ടായാലും എന്ത് സംഭവിക്കൂ മോക്ഷം ഇനി അതുകൊണ്ട് എന്താണ് ബ്രഹ്മവിചാരം എന്താണ് ജ്ഞാനം എന്താണ് ബ്രഹ്മം എന്താണ് മോക്ഷം സർവ്വകാര്യങ്ങളും ഈ നാലത്തിനായിട്ട് വിചാരം ചെയ്യും ആദ്യത്തെ അദ്ദേഹത്തിന് എന്താ പറഞ്ഞത് സമന്വയ അധ്യായം അടുത്ത് വരുന്നത് അവരോധാധ്യായം അതിനടുത്ത് വരുന്നത് സാധനാധ്യായം അതുകഴിഞ്ഞ് വരുന്നത് ഫലാധ്യായം ഇപ്പോൾ ഈ ഒരു ശബ്ദം എന്താണ് അതേ ശബ്ദം ഇതിനെ തുടർ ഇതിനെ പിടിച്ചുള്ള ചർച്ചയാണ് ഇപ്പോൾ മറ്റു പക്ഷങ്ങളൊക്കെ എന്തിനാ ചിന്തിക്കുന്നത് ആനന്തര്യം എന്ന് പറയുന്ന അർത്ഥത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വേറെ ഏത് അർത്ഥം കൊടുത്താലും ശരിയാകും അനന്തരം എന്നുള്ള അർത്ഥം കൊടുത്താലേ ഇത് കിട്ടത്തുള്ളത് എന്തിനു ശേഷം ചോദ്യം വരും എന്തിനുശേഷം സാധന ചതുഷ്ടയോ അപ്പൊ സാധന ചതുഷ്ട സമ്പത്തിയുടെ പ്രാധാന്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദീർഘമായ ചർച്ച ശങ്കരാ സാധനചായ സമ്പത്തി ഒക്കെ ആർക്കും ഉണ്ടാകാം അതൊണ്ടാകാം അതിന് കുഴപ്പമൊന്നുമില്ല അതിന് ബ്രാഹ്മണജാതി വേണമെന്നില്ല പക്ഷെ ബ്രാഹ്മണജാതി ആയിരിക്കുന്ന എന്തിന് സന്യാസത്തിന് അതിനാണ് നിർബന്ധം ബ്രാഹ്മണജാതി എന്ന് പറയുന്നത് സന്യാസം ബ്രാഹ്മണജാതിക്കേ പാടുള്ളൂ ശങ്കരാക്ക് വാശിയാണ് എന്തുകൊണ്ട് ഏ എന്തുകൊണ്ടാണ് നിർബന്ധമൊന്നുമില്ല കൃത്യമായ പഴയ ചാതർ ചാതുർ പറഞ്ഞ വ്യവസ്ഥയനുസരിച്ച് പറയുന്നത് ശങ്കരാ പറയുന്നത് അന്നത്തെ ശങ്കരാചാര്യ ആഗ്രഹിച്ച ഒരു വ്യവസ്ഥിനെ അനുസരിച്ച് പറയാണ് നിങ്ങൾ തന്നെ ഇപ്പൊ ശങ്കരാചാര്യ എന്തു പറയുന്നു ഇവിടെ ഇപ്പൊ നിങ്ങള് തന്നെ ഇവിടെ ആരെങ്കിലും സന്യാസിനെ പറയും ഞങ്ങൾക്കൊക്കെ യോഗ്യതയുണ്ട് ഞങ്ങൾക്ക് സന്യാസമാകാം ഇനി വരുന്നവർക്കൊന്നും സന്യാസം കൊടുക്കാനുള്ള യോഗ്യത ഇല്ല പറയാറില്ലേ ആ ഇത് തന്നെ ശങ്കരാചാര്യ പറയാ ഇതേ കാര്യമേ ശങ്കരായും പറയും ഇത് നിങ്ങൾ ശങ്കരാചാര്യെ കുറ്റം അങ്ങേരുടെ ആൾക്കാർക്ക് മാത്രം സന്യാസം ഞങ്ങൾക്കൊന്നും സന്യാസമില്ല നിങ്ങൾ സന്യാസിമാരും അത് തന്നെ ചെയ്യുന്നു ആലേ ശങ്കരാചാര്യന്റെ അതേ ഇതാണ് ഇതിന്റെ ശങ്കരാചാര്യ കുറ്റം പറയും നമുക്ക് എന്തുണ്ട് എല്ലാ യോഗ്യതയുമുണ്ട് ഇനി സന്യാസിക്കാൻ പറ്റുന്നമാർക്കൊന്നും ഒരു യോഗ്യതയില്ല ഒരു വിവരമില്ല യന്മാർക്കൊന്നും സന്യാസം കൊടുക്കാനും പാടില്ല ഏ അത് തന്നെ ശങ്കരായാലും പറയുന്നത് അത് നിങ്ങൾക്ക് പറയാൻ ശങ്കരാ പറയാൻ പാടില്ല എന്താ അതിപ്പം മതിയാവുമല്ലോ കാരണം ഇപ്പൊ ഞങ്ങൾക്കൊക്കെ സന്യാസം കിട്ടി ഞങ്ങൾ മതി ഇവിടെ ഇനി വേറെ ആരും വേണ്ട എന്ന് പറയുന്നത് മതിയാവും ശങ്കരാർക്കും അതാ മതിയായത് ഞങ്ങളൊക്കെ സന്യാസം കെട്ടി ആരായി സന്യാസിമാരായി യോഗ്യന്മാരായി അപ്പം മതിയായി ആർക്ക് മതിയായി സന്യാസം എടുത്തവർക്ക് മതിയായി വേറെ ആരും വേണ്ട എന്നാ പറയുന്നു ആനുകൂല്യങ്ങളും അധികാരങ്ങളും സ്പെഷ്യൽ ഭക്ഷണവും ഒക്കെ അണ്ടനും അടവോടനും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല ഇതെല്ലാം അടിസ്ഥാനപരമായ പ്രശ്നം പിന്നെ വേറൊരു പ്രശ്നം ഇനി ആരെങ്കിലും സന്യാസിയായി കഴിഞ്ഞാൽ നമ്മുടെ ഭൂരിപക്ഷം കൂടുമോ കുറയുമോ എന്നൊരു സംശയമുണ്ട് വരുന്നവരുണ്ട് ഭൂരിപക്ഷം നമുക്കാണോ അതോ വേറെ എങ്ങോട്ടേക്കും പോവോ ഇങ്ങനെയൊക്കെ ഉള്ള ആശങ്കകളാണ് അതാണ് സന്യാസത്തെ എതിർക്കുന്നത് ശങ്കര പറഞ്ഞ എന്താണ് ബ്രാഹ്മണ അന്നത്തെ വ്യവസ്ഥയനുസരിച്ച് ബ്രാഹ്മണനെ സന്യാസിക്കാൻ പറ്റും എന്തുകൊണ്ട് കാരണം കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ബ്രാഹ്മണൻ പ്രധാനമായിട്ട് അപ്പൊ ആ കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നാണ് സന്യാസം അത് പിന്നെ ബ്രാഹ്മണൻ അല്ലാതെ അവരാ ചെയ്യുന്ന ക്ഷത്രിയനാണെങ്കിൽ അവന്റെ പണി എന്താണ് യുദ്ധം അപ്പൊ അവന് തന്നസിക്കാൻ പറ്റും പറ്റത്തില്ല വൈശ്യനാണെങ്കി അവന്റെ പണി എന്താണ് കൃഷി കച്ചവടം അവനത് ഉപേക്ഷിക്കാൻ പറ്റും പറ്റത്തില്ല പിന്നെ അവൻ ഉപേക്ഷിച്ചാൽ ശരിയാകുമില്ല പിന്നെ പറയുന്നത് ശൂദ അവന്റെ പണി എന്താണ് എല്ലാവരും സേവ ചെയ്യുക അവൻ വിട്ടുകഴിഞ്ഞാൽ പിന്നെ അവൻ അന്യസിക്കാൻ പോയാൽ ശരിയാവുമില്ല അപ്പോൾ ഇത്തരം പണികളൊന്നും ഇല്ലാതെ വൈദികമായ കർമ്മങ്ങൾ മാത്രം ഷഡ്കർമ്മനിരുതന്മാരായ യജനം യാചനം ദാനം പ്രതിഗ്രഹം അധ്യയനം വേദം അധ്യയനം ചെയ്യുക സ്വയം യാഗം ചെയ്യുക മറ്റുള്ളവരെ കൊണ്ട് യാഗം ചെയ്യിപ്പിക്കുക ദാനം സ്വീകരിക്കുക ദാനം കൊടുക്കുക ഇത്രയും മാത്രം ചെയ്യുന്നവനാണ് അവർ ബ്രാഹ്മണൻ ഈ ബ്രാഹ്മണനാണ് ജന്യസിക്കാൻ അധികാരിക്കുന്നത് ചങ്കരായർ പറഞ്ഞാൽ എന്താ തെറ്റ് അന്നത്തെ വ്യവസ്ഥ അതായിരുന്നു ചങ്കരായർ അതിനാണ് നിർബന്ധം പിടിക്കുന്നത് അന്നത്തെ വ്യവസ്ഥയനുസരിച്ച് അത് തെറ്റൊന്നുമില്ല ബാക്കിയുള്ളവർക്ക് ഇവിടെ വേറെ പണികളുണ്ട് അവരത് കളഞ്ഞിട്ട് അന്യസിക്കാൻ പോയാൽ നിങ്ങൾ ചിന്തിക്കുന്നു ഇപ്പൊ അടുക്കളയിൽ ഒരാൾ വിളമ്പാ നിൽക്കുന്നു അയാള് സന്യാസിക്കണോന്നും പറഞ്ഞു നിങ്ങൾ സന്യാസം കൊടുത്താൽ നാളെ അവര് വിളമ്പ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി പുതിയ ആളിനെ അന്വേഷിക്കേണ്ടി വരും അപ്പൊ അവര് സന്യാസം കൊടുക്കണ്ടല്ലേ നിങ്ങള് പറയത്തുള്ളൂ സന്യാസം വരുന്ന സമയത്ത് അതെല്ലാരും അതൊക്കെ അതൊക്കെ അങ്ങനെ അതെല്ലാം ഉണ്ട് അത് മുമ്പോ അങ്ങനല്ലോ പുതിയ കാര്യം അതുകൊണ്ട് സന്യാസം കൊടുക്കാതിരിക്കേണ്ട കാര്യമില്ല കാരണം മുമ്പ് എങ്ങനെയാണ് നടുന്നത് അങ്ങനെയൊക്കെ തന്നെ അപ്പൊ പിന്നെ ഇനിയും അങ്ങനെ നടക്കുന്നതിന് എന്താ പ്രത്യേകത പിന്നെ ശങ്കരാചാര്യ പറയുന്നത് എന്താണ് ഇവിടെ നിർബന്ധം പിടിക്കുന്നതാണ് ഈ ജ്ഞാനം വിചാരം ജ്ഞാനം ഇത് വേദാധ്യയനത്തിലൂടെ ഈ ജ്ഞാനം നേടുന്നതിന് ത്രൈവർണ്ണികർക്കേ അധികാരമുള്ളൂ പറയുന്നു വേദാധ്യയനത്തിലൂടെ ഈ അറിവ് നേടുന്നതിന് ബ്രാഹ്മണൻ ക്ഷത്രി വയസ്സിൽ മൂന്ന് കൂട്ടറൊക്കെ ഉള്ളു ശൂദ്രൻ അവകാശം ഇതാണ് ശങ്കരായ നിലപാട് അപ്പൊ നിങ്ങളെ പോലെയുള്ള ശൂദ്രന്മാരുടെ ചെവിയിലൊക്കെ എന്ത് ചെയ്യണം ഈയം ഉരുക്കി എന്ന് പറഞ്ഞ ആളാണ് ആര് ശങ്കര മനുവല്ലാന്ന് പറഞ്ഞ ഗൗതമൻ ഗോതമൻ പറഞ്ഞത് ശങ്കരായ സമ്മതിച്ച് അവനേറ്റു പറഞ്ഞിരിക്കുകയാണ് മനുസ്മൃതി എന്താ അതല്ല ഞാൻ പറഞ്ഞു ഗോതമൻ പറഞ്ഞെന്നും മനുവല്ല മനുസ്മൃതി മനു സ്മൃതിയിലും ചിലപ്പോൾ കണ്ടയ്ക്കും ശങ്കരായ പറഞ്ഞിരിക്കും ഗൗതമസ്മൃതി മനുസ്മൃതി കാണും ഗൗതമ ഋഷി ബുദ്ധനല്ല ബുദ്ധൻ അങ്ങനെയൊക്കെ പറയൂ അപ്പോ ശങ്കരാചാര്യന്തി പറയുന്നത് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ മൂന്നുപേർക്ക് മാത്രമേ വേദ അധ്യയനം ചെയ്തിട്ട് വേദത്തിലൂടെ എന്തിനവകാശമുള്ളൂ ജ്ഞാനത്തിന് സന്യാസമുണ്ടോ പറയുന്നത് ഓരോ ക്ഷത്രി വൈശ്യം ഓരോ വേദത്തിലെ ഭാഗങ്ങളെല്ലാം അവരവരുടെ ശാഖയാണ് അവർക്ക് വേദാധ്യയനം ചെയ്യാം വേദത്തിലൂടെ അവർക്ക് വേദാധ്യനം ചെയ്യാൻ അധികാരം ഉള്ളതുകൊണ്ട് അവർക്കെല്ലാം ജ്ഞാനത്തിന് അധികാരമുണ്ട് മൂന്നുപേർക്കും സന്യാസത്തിന് ഒരാക്കേ അധികാരമുള്ളൂ ആർക്ക് ബ്രാഹ്മണന് എന്നാൽ ശൂദ്രനാണെങ്കിലോ വേദത്തിലൂടെയുള്ള ജ്ഞാനത്തിന് അധികാരമില്ല സന്യാസത്തിന് അധികാരമില്ല എന്നാൽ ജ്ഞാനത്തിന് അധികാരമുണ്ട് ജ്ഞാനത്തിന് അപ്പോ ശൂദ്രനും എന്തു ചെയ്യാം സാധനചതുഷ്ട സമ്പന്നനാകാം പക്ഷെ ശൂദ്രൻ സാധനചതുഷ്ട സമ്പന്നനാവുന്ന എങ്ങനെ തറ തുടച്ച് തറ തുടച്ചെന്ന് വെച്ചാ എങ്ങനെയാണ് ബ്രാഹ്മണൻ ക്ഷത്രിയും വയസ്സും സേവ ചെയ്ത് അവിടെ കക്കൂസൊക്കെ കോരിയിട്ട് ശൂദ്രോ എന്ത് ചെയ്യാം ചിത്തശുദ്ധിയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കർമ്മം ചെയ്ത് നിങ്ങൾ ചിത്തശുദ്ധി ഉണ്ടാകണം എന്ന് ആശ്രമത്തിൽ വരുമ്പോൾ ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് കർമ്മം ചെയ്ത് ചിത്തശുദ്ധി ഉണ്ടാവണം എന്തുകൊണ്ട് ശൂദ്രന്മാര് ചിത്തശുദ്ധി ഉണ്ടാക്കേണ്ട എങ്ങനെ ഈ സേവനം എന്ന് പറഞ്ഞാൽ പോരാ തടതുടച്ചും അക്കൂ സഹോദരിയും ഒക്കെ ആണ് ചിത്തശുദ്ധി ഉണ്ടാക്കേണ്ടത് ബ്രാഹ്മണൻ ചിത്തശുദ്ധി ഉണ്ടാക്കേണ്ട എങ്ങനെ യാഗം ചെയ്തിട്ട് ക്ഷത്രി ചിത്തശുദ്ധി ഉണ്ടാക്കേണ്ട എങ്ങനെ വിദ്ധം ചെയ്തിട്ട് വൈശ്യം ചിത്തശുദ്ധി ഉണ്ടാക്കിണ്ടെങ്ങനെ കൃഷിയും ഒക്കെ ചെയ്തിട്ട് ശൂദ്രൻ ചിത്തശുദ്ധി ഉണ്ടാക്കിണ്ടെങ്ങനെ ആ തറതച്ചും കക്കൂസ് വൃത്തിയാക്കിയ കേൾ അവൻ ചിത്തശുദ്ധി ഉണ്ടാക്കിയിട്ടുണ്ട് അവൻ ചിത്തശുദ്ധി ഉണ്ടാക്കിയ അവന് ജ്ഞാനത്തിന് അധികാരമുണ്ട് മോക്ഷത്തിനും അധികാരമുണ്ട് എന്തിനധികാരമില്ല ഏതാധ്യത്തിനും അധികാരമില്ല സന്യാസത്തിനും ഇതെല്ലാം പ്രത്യേകം പ്രത്യേകം ശങ്കരായ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് മനസിലായോ അതായത് ധർമ്മം രണ്ടു തരത്തിലുണ്ട് സാമാന്യധർമ്മവും വിശേഷധർമ്മം സാമാന്യധർമ്മം എന്ന് പറയുന്നത് ശബന്ധമം അഹിംസ സത്യം ഇത്തരം കാര്യങ്ങൾ ഇത് നാല് വർണ്ണങ്ങൾക്കും വേണം നാല് വർണ്ണങ്ങൾക്ക് സാമാന്യധർമ്മ വിശേഷധർമ്മവും ഉണ്ട് അതെങ്ങനെയാണ് ബ്രാഹ്മണന് വിധിച്ചിരിക്കുന്ന ധർമ്മങ്ങൾ എന്തൊക്കെയാണ് യാഗവും മറ്റും ക്ഷത്രിയു വിധിച്ചിരിക്കുന്ന എന്താണ് ിദ്ധം പിന്നെ വയസ്സിനു വിധിച്ചിരിക്കുന്നത് കക്ഷി ശൂദ്ധന വിധിച്ചിരിക്കുന്നത് ഇത് അവരവര് ചെയ്യണം ഇതാണ് വിശേഷധർമ്മം മനസ്സിലാക്ക വിശേഷധർമ്മം ആർക്കാണോ അത് വിധിയനുസരിച്ചാണ് ആർക്കാണോ വിധിച്ചിരിക്കുന്നത് അവര് ചെയ്യണം സാമാന്യധർമ്മം എല്ലാവർക്കും ആകാം അതുകൊണ്ട് മനുസ്മൃതിയിലും മറ്റു സാമാന്യധർമ്മവും ജാതി ധർമ്മങ്ങളും പ്രത്യേകം പറയും സാമാന്യധർമ്മം എല്ലാവർക്കും ആകാം അപ്പൊ ശുഗുദ്ധനും സാമാന്യധർമ്മം ഉള്ളത് കൊണ്ട് അവനും എന്തുവരാം സാധന ജൈഷ്ടസമ്പത്തി വരാം വന്നുകഴിഞ്ഞാൽ അവന് ജ്ഞാനമുണ്ടാവും പക്ഷെ വേദാധ്യയനമില്ല എങ്ങനെ ഞാനുണ്ടാവും പുരാണത്തിലൂടെ പുരാണങ്ങളൊക്കെ കേട്ട് അവന് ജ്ഞാനം ഉണ്ടാവാം അല്ലെങ്കിൽ സത്സംഗങ്ങളിലൂടെയൊക്കെ ജ്ഞാനമുണ്ടാവാം ജ്ഞാനം ഉണ്ടായിട്ട് അവനും എന്തു ചെയ്യാം മോക്ഷത്തിനധികാരം അതുകൊണ്ടാണ് ശങ്കരാചാര്യരുടെ ആൾക്കാർ പറയുന്നത് ഞങ്ങള് ശൂദ്രന് ഞാനവും മോക്ഷവും ഒന്നും നിഷേധിച്ചിട്ടില്ലല്ലോ ശങ്കരാചാര്യ വളരെ വിശാലമായ മനുഷ്യനല്ലേ ശങ്കരാചാര്യ എന്തായിരിക്കുന്നു ജ്ഞാനവും മോക്ഷവും എല്ലാ ശൂദ്രനും കൊടുത്തിട്ടുണ്ടല്ലോ പിന്നെ ശൂദ്രനാകെ നിഷേധിച്ചെന്താണ് വേദാധ്യനം അതല്ലേ നിഷേധിച്ചുള്ളൂ അത് നിങ്ങളെന്തിനാത്തിനും പിന്നെ ചൂടാകുന്നത് എന്നാണ് ആര് ചോദിക്കുന്നത് മനോവാദികൾ ശങ്കരപക്ഷക്കാർ ചോദിക്കുന്ന അതാണ് ശങ്കരാത്ര വേറെ ഒന്നും ചെയ്തില്ലല്ലോ വേദം പഠിക്കാൻ പാടില്ലെന്നല്ലേ പറഞ്ഞു നിങ്ങളെന്തിനാ ഇത്രയും അത് ഇത്രയും വലിയ വിഷയമാക്കുന്ന എന്തിനായിരുന്നു സനാതനധർമ്മവാദികൾ ഉം ശരി